ദൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച നമുക്ക് ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവസന്നിധിയിലെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കാനും ദൈവം അവസരം തന്നല്ലോ ദൈവത്തിൻ്റെ എല്ലാ വഴികൾക്കായിട്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെയും നമ്മൾ ഒന്ന് കൊരിന്തർ പതിമൂന്ന് പതിമൂന്ന് എന്ന് പറയുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു റെഫറൻസാണ് പതിമൂന്ന് പതിമൂന്ന് അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു സ്നേഹത്തിൻ്റെ അപ്പോസലായ യോഹന്നാൻ കർത്താവിൻ്റെ നെഞ്ചോട് അന്ത്യ അത്താഴത്തിൻ്റെ ചേർന്നിരുന്നു സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വിശ്വാസത്തെക്കുറിച്ച് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ അത് വളരെ നിർണായകമായ ഒരു വാക്യമാണ് മാർട്ടിൻ ലൂഥർ തൻ്റെ റിഫർമേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ ശക്തിപ്പെടുത്തിയ വചനം അതാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ് വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയായിരുന്നു നമുക്ക് പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു വചനം നമുക്ക് വായിക്കാം ഹോഷയുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കാം ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും ഇത് ഒരു പഴയ നിയമ പ്രവാചകൻ തൻ്റെ പ്രവചനം ആരംഭിക്കുമ്പോൾ പറയുന്ന ഒരു വചനമാണ് ആ വചനത്തിൽ പ്രത്യാശയുടെ വാതിൽ എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിന് ഒരു പ്രസക്തി നമുക്ക് തോന്നുന്നത് ഇത് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ ദൈവം കാലാകാലങ്ങൾ എഴുന്നേൽപ്പിക്കുമായിരുന്നു നമ്മൾ ഈ അശയ്യാവും ഈ രമ്യാവും എസ്കേലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പ്രവാചകനാകുന്നത് എത്ര നല്ലതാണ് എത്ര സൗകര്യമാണ് എത്ര അംഗീകാരമാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളീ പ്രവാചകന്മാരുടെ ജീവിതത്തെ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ ഒരു പ്രവാചകനാകുന്നതിന് കൊടുക്കുന്ന വില താരതമ്യേന വളരെ വലുതായിരുന്നു എന്നുവെച്ചാൽ പലപ്പോഴും ഒരു ലോജിക്കൊന്നുമില്ലാതെ ലോജിക്കില്ലെന്നും നമുക്ക് തോന്നുന്ന വിധത്തിൽ ദൈവം ചിലപ്പോൾ തൻ്റെ ഒരു സാധനപാഠം ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ വ്യക്തമാക്കാൻ വേണ്ടി പ്രവാചകനോട് പറയും നീ ഇന്ന വിധത്തി പെരുമാറുക എന്നു വെച്ചാൽ ഒരു ഒരു പ്രവാചകനോട് പറഞ്ഞ് നീ ഇത്ര നാൾ ഒരു വശം ചരിഞ്ഞേ കിടക്കാവും എന്ത് ചെയ്യും പ്രവാചകനുമായി പോയി ദൈവം പറയും അങ്ങനെ ചെയ്യാവൂ പക്ഷെ അങ്ങനെ പറഞ്ഞതിന് ഒരു പർപ്പസ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യമെന്താ അത് ഇസ്രായേൽ മക്കളിലോട് ഒരു പ്രത്യേകമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണത് നീ ഇന്ന തരത്തിൽ വസ്ത്രം ധരിക്കാവൂ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്നിടത്തേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകനായിരിക്കുന്നത് താരതമ്യേന എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും ദൈവത്തിന് തൻ്റെ ജനത്തോടെ ഇസ്രായേൽ മക്കളോട് പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചില കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട് അവരായിരിക്കുന്ന പിന്മാറ്റത്തിൽ നിന്ന് അവരെ മടക്കി വരുത്താനായിട്ടുണ്ട് അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യും പ്രവാചകന്മാരെ അവർക്ക് ഒരിക്കലും മറന്നുകൂടാത്ത ഒരു പാഠം വരെ പഠിപ്പിക്കത്തക്കവണ്ണം ചില പ്രത്യേക രീതിയിൽ പെരുമാറാനും പ്രത്യേക വിധത്തിൽ അവരുടെ മുമ്പാകെ ആയിരിപ്പനുമൊക്കെ പറയുമ്പോൾ പ്രവാചകന് വേറെ പോം വഴിയൊന്നുമില്ല ദൈവം പറഞ്ഞതനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അത് ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ എളുപ്പമുള്ള കാര്യമല്ല നമ്മളിന്ന് വിചാരിക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസൻ എന്നൊക്കെ പറഞ്ഞ് വലിയ അംഗീകാരവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന അതുപോലെ ഒന്നാണ് പഴയ നിയമത്തിലെ പ്രവാചകൻ എന്നാണ് നമ്മൾ കരുതുക അങ്ങനെയല്ല അവരുടെ ജീവിതം അടുത്ത് നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓ കാരാഗ്രഹവാസം ഇരമ്യാവിനെ പിടിച്ചൊരു പൊട്ടക്കുഴിയിലിട്ടു കുഴിയിൽ ചെളിയായിരുന്നു താണു താണു പോയി അവസാനം ഒരാൾക്ക് കരുണ തോന്നി ഒരു കയറിട്ട് കൊടുത്ത് അതെ പിടിച്ച് ഒരു വിധത്തിൽ വലിച്ച് കയറ്റി ഒരു പ്രവാചകനല്ലായിരുന്നെങ്കിൽ ഇരമ്യാവിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച സന്തോഷമായിട്ട് ആ പ്രവൃത്തിയൊക്കെ ചെയ്ത് ജീവിച്ചു പോയാൽ മതിയായിരുന്നു പക്ഷേ ദൈവം അവനെ പ്രവാചകനായി വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതം ദുഷ്കരമായി തീർന്നു ബുദ്ധിമുട്ടുള്ളതായിത്തീർന്നു ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വില കൊടുത്ത ആൾ ആരാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ സത്യത്തിൽ ഞാനെ പറയും ഹോശയായാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ആ പുസ്തകം എഴുതിയ ഹോശയായാണ് ഏറ്റവും കൂടുതൽ വില കൊടുത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ മറ്റു പ്രവാചകന്മാരെ പലരെ സംബന്ധിച്ചിടത്തോളം അവരോട് ദൈവം ചില രീതിയിൽ പെരുമാറാൻ പറഞ്ഞത് അവരുടെ വ്യക്തിജീവിതത്തിന് പുറത്തുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാൽ ഹോശിയായിക്ക് സ്വന്തം ജീവിതം തന്നെ അത് വില കൊടുക്കേണ്ടി വന്നു നമുക്കറിയാവുന്നതുപോലെ ദൈവം എപ്പോഴും തൻ്റെ ജനത്തിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളതുപോലെയുള്ള ഒരു പൂർണ്ണ വിശ്വസ്തയും പൂർണ്ണ സ്നേഹവും പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ കൽപ്പന തന്നെ അങ്ങനെയാണല്ലോ ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് അവളുടെ ആ ഇസ്രായേൽ ജനതയുടെ അല്ലെങ്കിൽ അതിനെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചാൽ അവളുടെ പൂർണ്ണമായ മനസ്സ് പൂർണ്ണ സ്നേഹം പൂർണ്ണ വിധേയത്വം പൂർണ്ണ കൂറ് ഭർത്താവായ തന്നോടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഒന്നാമത്തെ കൽപ്പനയായിട്ട് അത് തന്നെയാണ് കൊടുത്തത് ഹോഷ്യായെ സംബന്ധിച്ചിടത്തോളം ഹോഷ്യായയോട് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉള്ള പോലെയുള്ള വിശ്വസ്തത ആഗ്രഹിച്ചു പക്ഷെ അവൾ എന്ത് ചെയ്തു ഈ എൻ്റെ ജനം എന്നെ വിട്ട് മറ്റ് പല ദേവന്മാരുടെ പിന്നാലെ പോയി അങ്ങനെ പോയതിനെ ദൈവം എന്തായിട്ടാണ് കാണുന്നത് ഒരു തരത്തിൽ ഭർത്താവുണ്ടായിരിക്കെ മറ്റു പുരുഷന്മാരുമായിട്ട് സംസർഗം ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പോലെയാണ് ദൈവം വിലയിരുത്തിയത് അതുകൊണ്ട് ദൈവം ഈ ഇസ്രായേൽ ജനത അവരുടെ മറ്റു ബന്ധങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് തിരിച്ച് കർത്താവിലേക്ക് വരണം നിങ്ങളിങ്ങനെയൊക്കെ അവിശ്വസ്തരായി പെരുമാറിയിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു ഇങ്ങനെയൊരു സന്ദേശമാണ് ഹോഷിയായുടെ കാലത്ത് ദൈവത്തിന് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് ദൈവം അതുപോലൊരു കാര്യം ചെയ്യാൻ ഹോഷിയയോട് പറഞ്ഞു എന്നു വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ അറിയപ്പെടുന്ന പരസംഗം ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീ അവൾക്ക് പരസംഗത്തിൽ കുട്ടികളും ജനിച്ചു അങ്ങനെ ഒരു സ്ത്രീയെ നീ എന്തു ചെയ്യണം നീ പോയി സ്നേഹിച്ച് അവളെ ഭാര്യയാക്കി അവൾ നിന്നോട് അവിശ്വസ്ത പിന്നെയും പിന്നെയും കാണിച്ചാൽ നീ എന്തോ ചെയ്യണം അവളോട് വിശ്വസ്തമായിട്ടും സ്നേഹമായിട്ടും പെരുമാറണം എന്ന് ദൈവം ആവശ്യപ്പെട്ടു ഹോഷയ പാവം ഒരു പ്രവാചകനായിപ്പോയില്ലേ ഹോഷയ എന്ത് ചെയ്യാം വേറെ മാർഗമൊന്നുമില്ല നമ്മളത് വായിക്കുമ്പോൾ ഹോഷിയായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നോക്കുക യഹോവ ഹോഷിയ മുഖാന്തര സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോഷിയയോട് കണ്ടോ ഒരു പ്രവാചകനിലൂടെ സംസാരിക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു ആ പ്രവാചകനെ അതേ അനുഭവങ്ങളിലൂടെ നടത്തുന്നു ഹോശ്യായയിലൂടെ ദൈവം സംസാരിക്കുകയാണ് അതിന് മുമ്പ് ദൈവം ഹോഷ്യായയോട് പറഞ്ഞു നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസ്യത്തിൽ ജനിച്ച മക്കളെയും എടുക്ക ദേശം ഇഹോവെ വിട്ടുമാറി കഠിന പരിസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹോസിയ ഗോമർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളുണ്ടാകുന്നു കുഞ്ഞുങ്ങളുടെ പേരുകളിടുന്നു നമുക്കതെല്ലാം വായിച്ചു പോകാനായിട്ടുള്ള സമയമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹമെന്താ ദൈവത്തിൻ്റെ ആഗ്രഹം ഇസ്രായേൽ ജനം അവിശ്വസ്തരായി തീർന്നാലും അവരെ അപ്പോഴും അവരുടെ അവിശ്വസ്ത കണക്കിലെടുക്കാതെ അവരെ അപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ഭർത്താവിനെപ്പോലെ ഓ സ്നേഹമായ സ്നേഹവാനായ ഒരു ഭർത്താവിനെപ്പോലെ അവളുടെ അവിശ്വസ്ത കണ കണക്കിലെടുക്കാതെ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണ് ഞാൻ എന്നൊരു സന്ദേശം ആ ജനത്തിന് നൽകാൻ വേണ്ടി താൻ ആ പ്രവാചകനോട് പറയുന്നു നീ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറയുന്നു ഹോശയുടെ ജീവിതം അതോടെ വ്യത്യസ്തമായി തീർന്നു അങ്ങനെ മുന്നോട്ടു പോകുന്ന അനുഭവങ്ങളാണ് ഈ ഹോഷയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് പല പ്രവാചകന്മാരെക്കാളും തൻ്റെ സന്ദേശത്തിന് വേണ്ടി ഒരു വില കൊടുക്കേണ്ട വന്ന ആളാണ് ഹോഷയ കാരണം കുടുംബജീവിതമാണ് കുടുംബജീവിതത്തിൽ സ്വന്തം ഭാര്യയെയും കുട്ടികളെയും തന്നെ ദൈവത്തിന് വേണ്ടി ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ഒരു സാധനപാഠമായിട്ട് വയ്ക്കാൻ വേണ്ടി താന് യാഗപീഠത്തിൽ വെച്ച ഒരു പ്രവാചകനായിട്ട് നമുക്ക് ഹോഷയായെ കാണാം ഹോഷയയുടെ അനുസരണം എത്ര വലുത് ഹോഷയയുടെ ത്യാഗം എത്ര വലുത് പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിള് നോക്കുമ്പോൾ പല ഭാഗങ്ങളിലും ദൈവം ഇതുപോലെ തന്നെ ദൈവത്തെ വിട്ടുപോയ ഇസ്രായേൽ ജനത്തെ ഓ തന്നെ ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറുമോ കരുണയോടെ എങ്ങനെ പെരുമാറുമോ അങ്ങനെ പെരുമാറുന്ന ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പലവട്ടം ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിലേക്ക് ചെന്നാൽ അങ്ങനെ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ നമുക്ക് ഇതെല്ലാം എടുത്ത് വായിക്കാനായിട്ട് സമയമില്ല എന്നാൽ ഒരു ഒരൊറ്റവാക്യം നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നീ എന്നെ അനുഗമിച്ച് നടന്ന നിൻ്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയി നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു തൻ്റെ ജനത്തോട് പറയുക നമ്മുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് നിനക്കെന്തായിരുന്നു നിനക്ക് നല്ല സ്നേഹമായിരുന്നു എന്നോട് ഭക്തിയായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുക അവള് പതുക്കെ ആദ്യത്തെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് മാറി അവൾ വഴിതെറ്റിപ്പോന്നു പരസംഗത്തിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരു സ്ത്രീയോടെ വീണ്ടും മടങ്ങി വരാനുള്ളൊരു ആഹ്വാനമാണ് ഇരമ്യാവ് ആ രണ്ടാമധ്യായത്തിൽ നടത്തുന്നത് ഹേസ്കലിൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് സമാനമായ മറ്റൊരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും ഹേസ്കലിൻ്റെ പുസ്തകം പതിനാറാമധ്യായത്തിലാണ് ആ ഇതുപോലെ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തോട് ചേർത്ത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നത് അവിടെയും ഇതാ അവൾ വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു കിടന്നത് എന്നാൽ ദൈവത്തിന് ആ പുരുഷന് അവളോട് സ്നേഹം തോന്നി കരുണ തോന്നി അതിൻ്റെ ഒൻപതാം വാക്യം പതിനാറിൻ്റെ ഒൻപത് ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു താശ്തോൽ കൊണ്ടുള്ള ചെരുപ്പിടിപ്പിച്ചു ശരണപടം ചുറ്റി പട്ട് പുതപ്പിച്ചു ഞാൻ നിന്നെ ആഭരണമണിയിച്ചു നിൻ്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിൻ്റെ മൂക്കിന് മൂക്കുത്തിയും അങ്ങനെ അതങ്ങ് നീണ്ടു പോവുകയാണ് കണ്ടോ എത്ര സ്നേഹം അതിന് എന്തെങ്കിലും ഒരു അർഹത അവൾക്കുണ്ടോ ഒരു അർഹതയും അവൾക്കില്ല നമ്മൾ ആ വീട്ടിൽ ചെന്നിട്ട് അധ്യായമെടുത്ത് വായിച്ചാൽ മനസ്സിലാകും ഒരർഹതയും ഇല്ല ഈ പുരുഷൻ്റെ സ്നേഹം കിട്ടത്തക്കവണ്ണം ഒരു അർഹതയും അവൾക്കില്ലാഞ്ഞിട്ടും ഈ പുരുഷൻ ഏകപക്ഷീയമായിട്ട് അവളെ സ്നേഹിച്ചു ഈ നിലയിൽ വീണ്ടെടുത്തു അവളെ ആടയാഭരണങ്ങൾ അണിയിച്ചു അവളെ തൻ്റെ പ്രിയ പത്നിയാക്കി എന്നാൽ ആ അധ്യായം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിലൊക്കെ വരുമ്പോൾ എന്നാൽ നീ നിൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു നിൻ്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു വഴി പോകുന്ന ഏവൻ്റെ മേലും നിൻ്റെ പരസംഗം ചെലവഴിച്ചു എന്ന് പറഞ്ഞ് അതങ്ങനെ പോവുകയാണ് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് സ്വസ്ഥതയും നഷ്ടപ്പെടത്തക്ക രീതിയിൽ ആ സംഭവം അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ദൈവം എപ്പോഴും തന്നോട് മാത്രം വിശ്വസ്തരായിരിക്കുന്ന ആളുകളെയാണ് അന്വേഷിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് അങ്ങനെയായിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ ചില സന്ദർഭങ്ങൾ ദൈവത്തെ വിട്ടു പോകുമ്പോൾ ദൈവം വീണ്ടും അവരെ ഉപേക്ഷിച്ച് കളയാതെ ദൈവം അവരോട് പറയുന്നു നീ മടങ്ങി നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു നീ നിൻ്റെ അവിശ്വസ്തയ്ക്കിടയിലും എൻ്റെ മാറാത്ത സ്നേഹത്തെ നീ തിരിച്ചറിയുക എന്നൊരു സന്ദേശമാണ് ദൈവം നിരന്തരം നൽകാനായിട്ട് ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെത്രയോ കൂടുതലായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു ദൈവം നമ്മളെ നമ്മളോടുള്ള ബന്ധത്തെ നമ്മൾ ഒന്ന് കൊരിന്തർ കൊരിന്തർ കെഴുതിയ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തോട് ചേർത്താണല്ലോ പതിനൊന്നാം അധ്യായം രണ്ട് കൊരിന്തർ പതിനൊന്നാം അധ്യായം അവിടെ ഞാൻ ക്രിസ്തു എന്ന ഏക നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കണ്ടോ നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകത്തിലും ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിലും ഹേസ്കേൽ പതിനാറിലും ഹോഷിയായുടെ പുസ്തകത്തിൽ ഉടനീളവും കണ്ട അതേ ഉത്കണ്ഠതനാണ് ദൈവം ഇവിടെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസിലൂടെ അവരോട് പങ്കിടുന്നത് എന്താ ഒരു ഏക പുരുഷന് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു നമ്മിൽ നിന്ന് തൻ്റെ ജനമായ നമ്മിൽ നിന്ന് തൻ്റെ മണവാട്ടിയായ നമ്മിൽ നിന്ന് സഭയിൽ നിന്ന് ദൈവം ഒരു ഏകാഗ്രമായ സ്നേഹം പ്രതീക്ഷിക്കുന്നു വിശ്വസ്ത പ്രതീക്ഷിക്കുന്നു അതാണ് അത് പ്രതീക്ഷിക്കുന്നതിൽ ദൈവത്തിന് നമുക്ക് കുറ്റം പറയാനാവില്ല കാര്യം ദൈവം അതുപോലെ സ്നേഹിച്ചു എസ് കെ എൻ്റെ പുസ്തകം പതിനാറാം അധ്യായം നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അവളെ അതുപോലെ സ്നേഹിച്ചു ഒരു കണ്ണിന് ദയ തോന്നാതെ കിടന്ന ഒരുവളാണവൾ എസ്കൽ പതിനാറിൽ നമുക്ക് കാണാൻ കഴിയും ഏ അവൾ രക്തത്തിൽ കുളിച്ച് വഴി പോകുന്നവരുടെയൊക്കെ പരിഹാസപാത്രമായിട്ട് നഗ്നയായി കിടന്ന കിടപ്പിൽ നിന്നാണ് ഈ ഈ പുരുഷന് അവളോട് സ്നേഹം തോന്നി അവളെ ഈ നിലയിലുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ചതും ഈ നിലയിലുള്ള ചെരുപ്പ് അണിയിച്ചതും വസ്ത്രങ്ങൾ ധരിപ്പിച്ചതും നിങ്ങളെ വീട്ടിൽ പോയി ആ ഭാഗങ്ങളെടുത്ത് വായിച്ച് നോക്കിയാൽ അത് വ്യക്തമാകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നും ദൈവം നമ്മിൽ നിന്ന് അതുപോലെ വിശ്വസ്തത ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു സ്വാർത്ഥതയാണെന്ന് നമുക്ക് പറയാൻ നോക്കുകയല്ല ദൈവം എന്താ ദൈവം അതുപോലെ നമ്മളെ സ്നേഹിച്ചു സ്വന്തം ജീവനെ നൽകുന്നതിൽ കവിഞ്ഞ സ്നേഹമില്ല നമ്മെ സ്നേഹിച്ച് ഒരു കണ്ണിനും ദയ തോന്നാതെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട പാത്രങ്ങളെ പോലെ കിടന്നിരുന്ന നമ്മളെ സ്നേഹിച്ച് താനെ കാൽവരക്കുഴ അവസാനത്തെ തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് തന്നങ്ങനെ സ്നേഹിച്ചെങ്കിൽ നമ്മിൽ നിന്ന് പൂർണ്ണ വിശ്വസ്ത ആവശ്യപ്പെടാൻ തനിക്ക് അർഹതയുണ്ട് നീ എന്നെ മാത്രം സ്നേഹിച്ച് നിൽക്കണം ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ആ നിലയിൽ നിൻ്റെ കൂറ് മറ്റെങ്ങോട്ടും പോകരുത് നമുക്കിന്ന് കൂറു വരാവുന്ന രംഗങ്ങളേതാ ഓ പണം ലോകം അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഒപ്പം തന്നെ അങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ നമുക്കുണ്ടായിരിക്കുകയും ചെയ്താൽ അതെന്താ ഒരു പുരുഷന് വിവാഹനിശ്ചയം ചെയ്തിട്ട് മറ്റു പുരുഷന്മാരെ തേടി പോകുന്ന ഒരു സ്ത്രീയെപ്പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വളരെ ഗൗരവത്തോടെ യാക്കോബ് പറയുന്നത് വ്യഭിചാരിണികളായുള്ളവരെ കണ്ടോ അവിടെ ഉപയോഗിച്ചേക്കുന്ന പട പദം കണ്ടോ വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം നമ്മൾ വിചാരിക്കുന്ന ഇതൊരു എക്യുമിനസത്തിൻ്റെ കാലമാണ് ഒരു കൈകൊണ്ട് ദൈവത്തെയും പിടിക്കുക മറ്റേ കൈ കൊണ്ട് ലോകത്തെയും പിടിക്കുക അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കർത്താവിനേയും പിടിക്കുക മറ്റേ കൈ കൊണ്ട് പണത്തെയും പിടിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്നോ പണം കൈകാര്യം ചെയ്യേണ്ടെന്നോ അല്ല പക്ഷെ നമ്മുടെ നമുക്കുള്ള ഫസ്റ്റ് ലവ് നമ്മുടെ ഏറ്റവും വലിയ കൂറ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം അത് ദൈവത്തിനായിരിക്കെ ആ സ്ഥാനം മറ്റാരെങ്കിലും അപഹരിച്ചാൽ അത് പരസംഗം പോലെയാണ് ദൈവം കാണുന്നത് അതിനെതിരെയുള്ള ജാഗ്രതയുടെ വാക്കുകളാണ് യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി നമ്മുടെ വിഷയം ഇതൊന്നുമല്ലല്ലോ നമ്മുടെ വിഷയം പ്രത്യാശ എന്നുള്ളതാണ് നമ്മുടെ വിഷയം പ്രത്യാശ എന്നുള്ള കാര്യം വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹോഷയായ പുസ്തകത്തിലെ ആ വാക്യം വായിച്ചു ഹോഷയയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു എന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും കണ്ടോ ഇവിടെ ഈ ഹോഷയ ഈ മോശപ്പെട്ട ഒരു സ്ത്രീയെ ഗോമറിനെ വിവാഹം ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നപ്പം സാധാരണ സ്ത്രീകളാണെങ്കിൽ എന്തു ചെയ്യും അയ്യോ ഞാൻ ഇത്രയും മോശക്കാരിയായിട്ടും എന്നെ ഈ നല്ല പുരുഷൻ സ്നേഹിച്ചല്ലോ അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ ഇവനോട് വിശ്വസ്തമായിട്ടിരിക്കും എന്നല്ലേ സാധാരണ ഒരുമാതിരി ഒരു തിരിച്ചറിവുള്ള സ്ത്രീകളെ ചിന്തിക്കുള്ളൂ എന്നാൽ ഈ ഗോമർ തീർത്തും വ്യത്യസ്തയായിരുന്നു ഇങ്ങനെ സ്നേഹിച്ച ഈ ഹോശയായെ വിട്ടേച്ച് ഇവള് പിന്നെയും മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി എന്നാണ് നിങ്ങൾ ഹോശയായുടെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ടാണ് കഴിയുന്നത് അവൾ എന്ത് ചെയ്തു അവൾ പിന്നെയും മറ്റൊരു പുരുഷന് തന്നെ തന്നെ വിറ്റുകളഞ്ഞു തന്നെ തന്നെ വിറ്റുകളഞ്ഞു വിറ്റുകളഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ ഹോഷയായോട് ദൈവം പറഞ്ഞു നീയെ അവൾ തന്നെ തന്നെ മറ്റൊരു പുരുഷന് അടിമയായിട്ട് വിറ്റുകളഞ്ഞു അവളെ നീ വീണ്ടും ആ അത് കൊടുത്ത് വീണ്ടെടുത്ത് അവളെ വീണ്ടും ഭാര്യയാക്കുക എന്ന് പറഞ്ഞു മൂന്നാമധ്യായം പക്ഷേ പുസ്തകം മൂന്നാമധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ അങ്ങനെ ദൈവം അരളി ചെയ്തപ്പോൾ അങ്ങനെ ഞാൻ അവളെ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യവത്തിനും മേടിച്ചവളോട് നീ ഇനിയെങ്കിലും ബഹുകാലം അടങ്ങി പാർക്കണം എന്ന് പറയുന്നു ആ ഭാഗമൊക്കെ നമുക്കങ്ങനെ വായിച്ചു പോകാം പക്ഷേ ഒരു പുരുഷന് സ്വന്തം ഭാര്യയോടുള്ള ബന്ധത്തിൽ അവളെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുമ്പോൾ തന്നെ അവൾ പിന്നെയും അവളവളുടെ പഴയ തൊഴിലിലേക്ക് പോയി അവളെ തന്നെ മറ്റൊരാൾക്ക് വിറ്റ് അങ്ങനെ മോശപ്പെട്ട ജീവിതത്തിൽ കിടക്കുമ്പോൾ ആഹാ ഇവളിങ്ങനെ പോയോ എന്നാൽ പോട്ടെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞാണ് സാധാരണ പുരുഷന്മാർ പോവുക എന്നാൽ ഇവളോ ഇവിടെയോ ഹോഷയാ പറഞ്ഞു ആഹാ ഇങ്ങനെ ആയിപ്പോയോ സാരമില്ല സാരമില്ല നീ അവന് കൊടുക്കാനുള്ള തുക ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇതാ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഈ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യവത്തിനും ഇവിടെ തിരിച്ച് വീണ്ടും മടക്കി വാങ്ങി വീണ്ടും ഭാര്യയായിട്ട് വീണ്ടും സ്നേഹിച്ച് വീണ്ടും അവളോട് വിശ്വസ്തമായിട്ട് പെരുമാറും ഇതൊക്കെ നടക്കുമ്പം ഇതെല്ലാം കാണുന്ന ഇസ്രായേൽ മക്കൾ ചോദിക്കും ഇതെന്നെ പണിയാ ഇതെന്താ കാര്യം ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഹോഷിയാ പറയും പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിന് നിങ്ങളോടുള്ള സന്ദേശമാണ് നിങ്ങൾ ഇതുപോലെ എന്തു ചെയ്തു നിങ്ങൾ ഏക പുരുഷനായ ദൈവത്തെ വിട്ട് നിങ്ങൾ ഇതുപോലെ പോയി പക്ഷേ ദൈവം നിങ്ങളെ എന്തു ചെയ്യുന്നില്ല തള്ളിക്കളയുന്നില്ല നിങ്ങളെത്ര മോശമായ സ്ഥാനത്തേക്ക് പോയാലും അവിടെ നിന്ന് വീണ്ടും വില കൊടുത്ത് വാങ്ങുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചെറിയ തോതിൽ പ്രതിഫലിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഈ നിലയിൽ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യുവത്തിനും തിരിച്ചു വാങ്ങിക്കാനായിട്ട് പറഞ്ഞത് സത്യത്തിൽ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്നു പക്ഷേ എൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹവുമായിട്ട് താരതമ്യം ചെയ്താൽ അതൊന്നുമില്ല അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ് എൻ്റെ ഈ നിലപാട് എന്നൊക്കെ തനിക്ക് ഇസ്രായേൽ മക്കളോടൊരു സന്ദേശമുണ്ട് ഉടനെ അവർ അത് അങ്ങനെ അവരെ ആ ദൈവത്തിങ്കിലേക്കും മടക്കി കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്ത ഒരു പ്രവാചകനാണ് ഹോഷ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി ഇവിടെ എന്താ നമ്മൾ കാണുന്നത് പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് പ്രത്യാശയുടെ വാതിൽ ഡോർ ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ വാതിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ വിട്ടു പോവുകയും ദൈവത്തെ നിരാശപ്പെടുത്തുകയും വളരെ മോശമായ സാഹചര്യത്തിൽ നമ്മൾ ചെന്നുപെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയും ദൈവം എന്തു ചെയ്യുന്നില്ല നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ അടച്ചു കളയുന്നില്ല ദൈവം എന്തു ചെയ്യുന്നു ഒരു വാതിൽ തുറന്നു വെക്കുന്നു നിനക്ക് മടങ്ങി വരാം നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു നീ എത്ര താഴത്തെ തട്ടിലേക്ക് പോയാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ പോലെ എപ്പോഴും ഈ വാതിൽ തുറന്ന് കിടക്കും വരിക വരിക എന്നു പറഞ്ഞുള്ള ഒരു സ്നേഹത്തിൻ്റെ വിളിയാണ് നമ്മളിവിടെ കാണുന്നത് എന്നിട്ട് ആ പ്രത്യാശയുടെ തിരിച്ചു വരാനുള്ള ആ നിലയിലുള്ള ഒരു ഹോപ്പിൻ്റെ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ എവിടെയാണ് ആഘോർ താഴ്വരയാണ് ഈ ആഘോർ താഴ്വരയെക്കുറിച്ച് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പോയി നോക്കുമ്പോൾ രണ്ടിടത്ത് പരാമർശങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് വളരെ വേഗത്തിലാ ഭാഗം നോക്കാം യോശിയുടെ പുസ്തകം ഏഴാം അധ്യായത്തിലാണ് ആഘോർ താഴ്വരയെക്കുറിച്ച് നമ്മളെ കാണുന്നത് ഏഴാമധ്യായം യോശിയുടെ പുസ്തകം ഏഴാമധ്യായത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ദൈവം തീയുന്നു യോശുവാ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു ഏ ഇസ്രായേലെല്ലാം അവൻ്റെ കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി ഏഴാമധ്യായം യോശിയുടെ പുസ്തകം ഏഴാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ആഘോർ താഴ്വര നമ്മളിവിടെ ഹോശിയായിൽ വായിച്ച അതേ താഴ്വരയെക്കുറിച്ച് ഇവിടെ ഒരു പരാമർശം ആഘോർ താഴ്വരയിൽ അവനെ കൊണ്ടുപോയി എന്നിട്ട് അവനെയും അവനുള്ളതിനെ എല്ലാം കല്ലെറിഞ്ഞ് കൊല്ലുകയിലും തീയിലിട്ട് ചുട്ട് ഒക്കെ ചെയ്തു അങ്ങനെ ദൈവത്തിൻ്റെ ഉഗ്ര കോപം മാറി ആ അധ്യായം തീരുമ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോ താഴ്വരാ എന്ന് ഇന്നു വരെ പേർ പറഞ്ഞു പോരുന്നു എന്താ സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാവുന്ന നിങ്ങൾക്കറിയാം എന്തായിരുന്നു യോശുവായി മോശയുടെ കാലശേഷം യോശുവായി കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോന്നു കനാൻ നാട്ടിൽ വന്നപ്പോഴാദ്യം ഇവരെ ഏറ്റുമുട്ടുന്നത് ഉള്ള ശക്തരായ ശത്രു സൈന്യമാരാണ് എരീഹോയാണ് എരീഹോ ആളുകൾ മതിലുമൊക്കെ പണിത് വലിയ രീതിയിൽ ജീവിക്കുക ദൈവം എന്തു ചെയ്തു ദൈവം പറഞ്ഞ് പേടിക്കണ്ട എരീഹോക്കാർക്ക് വലിയ മതിലുണ്ടെങ്കിൽ ആ മതിലിനെ ഇല്ലാതാക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിശ്വാസത്തിൻ്റെ നിലപാടോടെ യോശുവും ഇസ്രായേൽജനവും ആ എരീഹോ മതിലിനെ വട്ടം ചുറ്റാനായിട്ട് തുടങ്ങി അങ്ങനെ ഒടുവിൽ ആ മതിലിടിഞ്ഞു വീണു ജനം കയറി ആ എരീഹോവിനെ കൈവശപ്പെടുത്തി പക്ഷേ കൈവശപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് യോശുവ ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ആറാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് എന്നാൽ നിങ്ങൾ ഈ നഗരം കൈവശപ്പെടുത്താൻ പോകുമ്പം ഞാൻ എന്തോ ചെയ്തു ഈ നഗരത്തെ ശപദാർപ്പിതമായിട്ട് ദൈവത്തിനായിട്ട് നേർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ സാധനവും ദൈവത്തിന് ദൈവത്തിനായിട്ട് നേർന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആരും കയറി അതൊന്നും എടുത്ത് സ്വന്തമാക്കരുത് എന്ന് യോശുവ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു ശപഥാർപ്പിത വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവി ആറിൻ്റെ പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം യോശുവ അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തു പക്ഷേ അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തു ജനമെല്ലാം കയറി ഈ എരീഹോവിനെ കൊള്ളയടിച്ചു കൊള്ളയടിച്ച് അവരെ എല്ലാം നശിപ്പിച്ച് കാര്യങ്ങളെല്ലാം ഒരു വലിയ വിജയം യോശിവയ്ക്ക് നൽകി അത് കഴിഞ്ഞാണ് ഏഴാമത്തെ അധ്യായം നമ്മൾ പറയുന്ന ഏഴാമധ്യായം വരുന്നത് ഏഴാം അധ്യായത്തിൻ്റെ തുടക്കം എരീഹോവിനെ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പം അടുത്തുകൊണ്ട് വേറൊരു ചെറിയ ചെറിയ കൂട്ടര ചെറിയ ശത്രു സൈന്യം പട്ടണം ഹായി പട്ടണം അതപ്പം ഉറ്റുനോക്കാനായിട്ട് ചലഞ്ചിച്ചെന്നൂർ പറഞ്ഞു ഈ എരീഹോവുമായിട്ട് താരതമ്യം ചെയ്ത ഹായി പട്ടണം ഒന്നുമില്ല ഈ ജനത്തെ എല്ലാം കൂടെ ഈ നമ്മുടെ സൈന്യത്തെ എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് വല്ല രണ്ടായിരമോ മൂവായിരമോ പേര് പോയാൽ മതി ഹായി പട്ടണത്തെ നമുക്ക് എളുപ്പം കീഴടക്കാമെന്ന് പറഞ്ഞു യോശു അത് സമ്മതിച്ച് നേരത്തെ നൽകിയ ഒരു വിജയം എരിഹോവിൽ കിട്ടിയ ഒരു വിജയത്തിൻ്റെ ഒരു ലഹരിയിൽ യോശുവാ പറഞ്ഞു മൂവായിരം പേര് പോയാൽ മതി ഹായി നമുക്ക് കീഴടക്കി വരാമെന്ന് പറഞ്ഞു മൂവായിരം പേര് അങ്ങോട്ട് കീഴടക്കാൻ പോയി പോയതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ അവർ തിരിച്ചു ഓടേണ്ടി വന്നു നമ്മളാ നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് വായിച്ച് ഇതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം നമ്മൾ ചില രംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിരിച്ചു പോകും ഏ നമ്മുടെ ഇന്നത്തെ കാലമായിട്ടൊക്കെ ഇതിനെ ചേർത്ത് ചിന്തിക്കുക നമ്മൾ ഇതിൻ്റെ അകത്തെയൊക്കെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ചിന്തിക്കുക അപ്പോൾ ഇതിൻ്റെ അവിടെ ചേർന്ന് നിൽക്കാൻ ഇവരുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും നോക്കുക മൂവായിരം പേര് പോയാൽ മതി കണ്ടു ഇവർ തിരിച്ചു ഓടുന്നതുമാണ് യോശുവ കാണുന്നത് യോശുവ എന്തോ ചെയ്തു ദൈവത്തിൻ്റെ മുമ്പാകെ നെടുമ്പാട് വീണു ദൈവമേ ഞങ്ങൾ ഈ കൊച്ച് ഹായി പട്ടണക്കാരുടെ മുമ്പ് ഈ തോറ്റുപോയെങ്കിൽ ഇനി ഞങ്ങൾക്ക് നിൽക്കള്ളിയില്ല എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് ഞങ്ങളെന്തിനാണ് ഈ ഹായ് പട്ടണക്കാരുടെ മുമ്പ് തോൽപ്പിച്ച് കളഞ്ഞത് യോശു ആ നെടുമ്പാട് ദൈവസന്നിധി വീണു ഉടനെ ദൈവം യോശുവോട് പറയുന്നു യോശു നീ എന്തിനാ അതിൻ്റെ പത്താമത്തെ വാക്യം ഏഴിൻ്റെ പത്താമത്തെ വാക്യം യഹോവ യോശുവോട് എഴുന്നേൽക്കാൻ നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹായിൽ തോൽക്കാനായിട്ട് അനുവദിച്ചത് ഉടനെ കാര്യങ്ങൾ മനസ്സിലായി എന്താ നേരത്തെ എലീഹോവിൽ പോയപ്പോൾ ശബദാർപ്പിതങ്ങളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു ആരോ ദൈവത്തിന് നേർന്നത് ഗൗരവമായിട്ട് എടുക്കാതെ ആരോ എന്തോ മോഷ്ടിച്ചിട്ടുണ്ട് എന്തോ എടുത്ത് ഒളിച്ചു വച്ചിട്ടുണ്ട് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു യോശു ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു ഇസ്രായേൽ മക്കളെ മുഴുവൻ കൂട്ടി വരുത്തി ആരാണ് ആ ദുഷ്കൃത്യം ചെയ്തത് എന്നറിയാനായിട്ട് ചീട്ടിട്ടു ചീട്ടൊടുവിൽ ആഘാനു വീണു പത്തൊൻപതാമത്തെ വാക്യം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും യോശുവാ ആഘാനി ചീട്ട് വീണപ്പോൾ ആഘാനോട് ചോദിച്ചു മോനെ വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് മകനെ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഏഹ് മോനെ നീ എന്തു വേടാ മോനെ നീ ഉള്ള കാര്യം എന്നോട് പറ എന്നൊക്കെ പറയുന്നു വളരെ ഭംഗിയായിട്ട് പറയുന്നു ഉടനെ ആഘാൻ പറയുന്നു എൻ്റെ പൊന്നുടേതെ ഞാനെന്താ നമ്മൾ ഈ വെള്ളിയോ പൊന്നോ വലിയോ കണ്ടിട്ടുണ്ടോ ഇവിടെ വന്നപ്പോൾ സ്വർണ്ണ കട്ടി ഓ സ്വർണ്ണക്കെട്ടി വെള്ളി ഇരുന്നൂറ് ശേക്കൽ ബാബിലൂന്യ മേലങ്കി ഇതൊക്കെ കണ്ടപ്പം മനുഷ്യരല്ലേ ബ്രദറെ നമ്മളും എന്നാകാൻ പറഞ്ഞിട്ടുണ്ടായില്ല മനുഷ്യരല്ലേ ബ്രദറെ എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ നമ്മൾ നമ്മളോട് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ നമ്മളും മനുഷ്യരല്ലേ നമ്മളും എന്താ ആ ഞാൻ അതെടുത്ത് എടുത്തു എന്നിട്ട് നീ എന്തോ ചെയ്തു ഞാൻ കൂടാരത്തിൽ കൊണ്ടുവന്നു അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ യോശുവ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആരും കാണാതിരിക്കാൻ ഞാൻ കൂടാരത്തിനകത്ത് കുഴികുഴിച്ച് ഇത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു യോശുവ ഉടനെ തന്നെ ആളെ വിട്ടതെടുപ്പിച്ചു അതെടുപ്പിച്ച് ഈ ആഖാനേയും അവൻ്റെ വെള്ളി മേലങ്കി പൊൻകട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാള കഴുത് ആട് കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി എന്നിട്ട് ജനമെല്ലാം അവരെ കല്ലെറിഞ്ഞു തീയിലിട്ട് ചുട്ട് കളഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ഉഗ്ര മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് പേരെ പറഞ്ഞു വന്നു നമ്മൾ നോക്കുമ്പോൾ ദൈവം വളരെ ക്രൂരമായിട്ട് പെരുമാറി എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഹിസ് എ ജലസ് ഗോഡ് തീക്ഷ്ണതയുള്ള ദൈവമാണ് ദൈവം ആ നിലയിലുള്ള പൂർണ്ണമായ ഒരു കൂറ് തൻ്റെ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അനുസരണ ജനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആഖാൻ അതുകൊണ്ട് തെറ്റ് ചെയ്തു ആഖാനെ കല്ലെറിഞ്ഞ് കൊന്നു ദൈവത്തിൻ്റെ ഉഗ്രകോപം മാറി തുടർന്ന് അവർ ഹായിയൊക്കെ കീഴടക്കുകയും അവിടെ കനാൻ നാട് കീഴടക്കുകയും ചെയ്യുന്നു ഈ കനാൻ നാട്ടിലാണ് വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവം ആദ്യം നടന്ന യോശിയുടെ പുസ്തകത്തിലെ സംഭവം ആദ്യം നടന്നു അത് ഇസ്രായേൽ മക്കൾക്ക് ഗോത്രം ഗോത്രമായിട്ട് ഇവർ കീഴടക്കിയ സ്ഥലങ്ങളൊക്കെ വീതിച്ച് കൊടുത്തു വീതിച്ചു കൊടുത്ത് ഇപ്പോൾ ഇസ്രായേൽ നാട്ടിൽ ഒരു സ്ഥലം എന്താ ആ സ്ഥലത്തിൻ്റെ പേരെന്താ ആഘോർ താഴ്വരെന്നാണ് അപ്പോൾ ആഘോർ താഴ്വരയിലൂടെ ആളുകൾ പോകുമ്പം ആളുകൾ പഴയ സംഭവം ഓർക്കും ഏഹ് പുതിയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ പ്രായം വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കും മോനെ നമ്മളിത് നടന്നു പോകുക ഈ സ്ഥലത്തിനൊരു പേരുണ്ട് എന്താണെന്നറിയാമോ എന്തുവാ എന്തുവാ ആഘോർ താഴ്വര എന്നാ ചരിത്രം നീ കേട്ടിട്ടുണ്ടോ പണ്ട് നമ്മുടെ പൂർവ്വവിതാക്കന്മാർ ഇവിടെ കൈവശമാക്കാൻ വന്നപ്പോൾ ആഘാനം എന്നൊരുത്തനുണ്ടായിരുന്നു നീയും ഞാനും യഹൂദാഗോത്രത്തിലല്ലേ നമ്മുടെ യഹൂദാഗോത്രത്തിലേ തന്നെ ആയിരുന്നു ഈ ആഘാനെ എന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും ഈ ആഘാന ഇന്ന പോലെ ചെയ്തു അന്ന് ഇവനെ എറിഞ്ഞ് എറിഞ്ഞ് നശിപ്പിച്ച സ്ഥലമാണിത് ദൈവത്തിൻ്റെ ഉഗ്രകോപം വിട്ടുമാറി എന്നൊക്കെ ഇവർ പറഞ്ഞു കൊണ്ടായിരിക്കാം ഈ ആഘോർ താഴ്വരയിലൂടെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഹോഷിയായ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് തനിക്കൊരു പ്രത്യാശയുടെ വാതിൽ തുറക്കണമെന്നുള്ളപ്പം അതെന്തിനാ ആഘോർ താഴ്വരയെ കൊണ്ടുവന്ന് തുറക്കുന്നത് അതാണ് നമ്മുടെ പ്രശ്നം ആഘോ താഴ്വര ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്ന താഴ്വര ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ ചരിത്രം പറയുന്ന താഴ്വര ദൈവത്തെ അനുസരിക്കാതിരുന്നതിൻ്റെ ചരിത്രം പറയുന്ന താഴ്വര ഓ അവരെ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു താഴ്വരയുണ്ടെങ്കിൽ ആ താഴ്വരയാണ് ആഘോ ആ ആഘോ താഴ്വരയിലാണ് ഇതാ ഹോഷിയ പറയുന്നു ഞാൻ എന്തു ചെയ്യും പ്രത്യാശയുടെ വാതിൽ തുറന്നു അവിടെയാണ് എന്ന് പറയുന്നത് ഞാൻ ഒരൊറ്റ കാര്യം പറയാനാണ് ഇത്രയും ഇത് വിശദീകരിച്ചത് പ്രിയ സഹോദര സഹോദരി കുഞ്ഞേ ചെറുപ്പക്കാര നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ ചില രംഗങ്ങളുണ്ടാവും അതൊക്കെ ആഘോർ താഴ്വര പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ചില താഴ്വരകളാണ് ആ താഴ്വര നമ്മൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അവിടേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ താഴ്വര നാണക്കേടിൻ്റെ താഴ്വരയാണ് ലജ്ജയുടെ താഴ്വരയാണ് അനുസരണക്കേടിൻ്റെ താഴ്വരയാണ് നമ്മുടെ അവിശ്വസ്തയുടെ താഴ്വരയാണ് പക്ഷെ ആ താഴ്വരയിൽ തന്നെയാണ് ദൈവം നിനക്ക് ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു വച്ചിട്ടുള്ളത് എന്നുള്ളത് കാണുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് സ്തുതിക്കാതിരിക്കാനായിട്ട് കഴിയുക ഹാലലുയ്യ ഹാലലുയ്യ പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും നിലയിലുള്ള ഒരു പരാജയത്തെയോ ദൈവത്തെ അനുസരിക്കാത്തതോ ഓ നമ്മൾ തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതോ ആ പരാജയത്തിൻ്റെ ഒരു മേഖല ഉണ്ടെങ്കിൽ അതിനെ അതിനെ തന്നെ നിനക്ക് ഒരു പ്രതീക്ഷയുടെ വാതിൽ അവിടെ തുറന്നു തരുന്ന ഒരു വലിയ ദൈവം ജീവിക്കുന്നു ഹാലലുക എന്തൊരു വലിയ എന്തൊരു വലിയ ആശ്വാസമാണ് അത് നമുക്ക് തരുന്നത് ഇതാണ് ആഘോർ താഴ്വരയുടെ ഒരു ചരിത്രം രണ്ടാമത്തെ ചരിത്രം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ നമുക്ക് പ്രത്യാശയിലേക്ക് കടന്ന് കടന്നു വരാം ഈ ആഘോർ താഴ്വര രണ്ടാമതും ഇസ്രായേലിനെ ഒരു ഒരു സന്ദർഭത്തിൽ നാണം കെടുത്തിയിട്ടുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിൽ ഇതുപോലെ എടുത്ത് വായിക്കാൻ നമുക്കൊരു ഭാഗമില്ല അതായത് ഒന്ന് രാജാക്കന്മാർ പതിനേഴാമധ്യായം തിഷ്പനായ ഏലിയാവ് ഏലിയാവ് രാജാവിൻ്റെ നിലയിലുള്ള രാജാവിൻ്റെ ആജ്ഞിയും ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയപ്പം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടെ എന്ത് ചെയ്യേല മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് ഒന്ന് രാജാവിനെ ആഹാബിനെയും ഇസവേലിനെയും വെല്ലുവിളിച്ച് പറഞ്ഞിട്ട് താനെ പോയി താൻ പോയിട്ട് എങ്ങോട്ടാണ് പോയത് ഒന്ന് രാജാക്കന്മാർ പതിനേഴാമധ്യായത്തി നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് ആ ദൈവം അവനോട് പറഞ്ഞു നീ പോയി എവിടെ ഒളിച്ചിരിക്കണം കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കണം ഇവിടെ ഇതാ ആ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു ഇവൻ പോയി കെരീത്ത് തോട്ടിൽ ഒളിച്ചിരുന്നു കെരീത്തോട്ടിൽ ഒളിച്ചിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല അവിടെ എന്ത് സംഭവിക്കും രാവിലെയും വൈകിട്ടും ഇതാ കാക്ക കാക്ക അപ്പവും ഇറച്ചിയുമായിട്ട് വരുന്നുണ്ട് ആ അവിടെ അപ്പവും ഇറച്ചിയും കഴിച്ച് കെരീത്തോട്ടിലെ വെള്ളവും ഒക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ആരുടെയും കണ്ടിപ്പെടാതെ പാട്ടും പാടി പ്രാർത്ഥിച്ചുമൊക്കെ അവിടെ സുഖമായിട്ട് ഏലിയാവും അങ്ങനെ അങ്ങ് കഴിയുക അങ്ങനങ്ങ് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇടുത്തി പോലെ ഒരു വാക്ക് കാണുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കരീത്തോട് വറ്റിപ്പോയി കരിത്തോട് വറ്റിപ്പോയി ഓ ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനെ നിന്നെ നീ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ് കെരീത്തോട്ടിൻ്റെ അടുത്തേക്ക് അയച്ചു കെരീത്തോട്ടം എന്ത് ചെയ്യണമായിരുന്നു ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനെ ഏറ്റവും വലിയ ശക്തനായ ദൈവദാസന് അവന് എന്നും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണമായിരുന്നു കെരീത്തോട് പക്ഷേ കെരിത്തോടെന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം കെരീത്തോടും വറ്റി വരണ്ടുപോയി പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്ന ഈ യോർദാനിക്കിഴക്കുള്ള കെരീത്തോട് ആഘോർ താഴ്വരയിലാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അത് പറയാനാണ് ഞാൻ വന്നത് നോക്കുക രണ്ടാമതൊരു വട്ടം കൂടെക്ക് ആഘോർ താഴ്വര എന്തു ചെയ്യുന്നു ഏ ദൈവത്തിൻ്റെ പ്രതീക്ഷയെ തകിടം മറിച്ച് കളയുന്നു ദൈവം പ്രതീക്ഷിച്ചത് ഈ ഇവന് അവിടെ താമസിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വരുമ്പോൾ കിരീത്തോട് വറ്റിപ്പോയി സഹോരാ സഹോരി എൻ്റെയും ഇതിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ വറ്റി വരണ്ടുപോയി നമ്മൾ മരുഭൂമി പോലെ ആയിപ്പോയി നമ്മൾ ദൈവദാസന് കുടിക്കാനുള്ള അവൻ്റെ ദാഹം തീർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ ദൈവത്തിൻ്റെ തന്നെ ദാഹം തീർപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിൽ കിടന്ന് പറഞ്ഞവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലും ചില രംഗങ്ങളിൽ വന്നിട്ടുണ്ട് എന്താ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു നീ കർത്താവിനെ പോലെ കരുണ കാണിക്കും കർത്താവിനെ പോലെ സ്നേഹത്തോടെ പെരുമാറും കർത്താവിനെ പോലെ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിച്ച് കർത്താവ് നമ്മുടെ ജീവിത പരിസരത്ത് വരിക എന്താ കർത്താവുന്ന ഒരു ദാഹമുണ്ട് ആ ദാഹം തീർക്കാൻ ആർക്കേ കഴിയുള്ളൂ എനിക്കും നിങ്ങൾക്കേ കഴിയുള്ളൂ എങ്ങനെയാണ് അത് കഴിയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ പെരുമാറിക്കൊണ്ടാണ് നമുക്കത് കഴിയുന്നത് കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചും കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചും ആയിരുന്നെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ നസ്രായൻ വരുമ്പോൾ അവൻ്റെ ദാഹം ഒരു പ്രത്യേക നിലയിൽ നമുക്ക് തീർത്ത് കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നു എന്നാൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കെരിയത്തോടെ നമ്മൾ വറ്റിപ്പോയി നമ്മൾ വറ്റിപ്പോയി ക്ഷമ കൊടുക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല അവനിപ്പോഴും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒത്തിരി അങ്ങ് സെൻറ്റിമെൻ്റലൈസ് ചെയ്യുകയാണ് എന്ന് കരുതരുത് പക്ഷെ ഇങ്ങനെ ചിന്തിച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ആ നദി ഉണ്ടാകണമെന്നായിരുന്നു നമ്മൾ ഒരിടത്താക്കി വെച്ചിരിക്കുമ്പോൾ അവിടെ വിശ്വസ്തമായി നിൽക്കണമെന്നായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രതീക്ഷയെ ആ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ വറ്റി വരണ്ടു പോയി വറ്റി വരണ്ടു പോയി ആഘോർത്താഴ്വര രണ്ടാമതൊരു വട്ടം കൂടെ നാണക്കേടായി മാറിയ ചരിത്രമാണ് ഓ ഒന്ന് രാജാക്കന്മാരിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ ദൈവം എന്തു ചെയ്തില്ല ദൈവം അവിടെ അതിനെ വിട്ടുകളഞ്ഞില്ല ദൈവം അതിനെ വിട്ട് കളഞ്ഞില്ല ഈ ആഘോർ താഴ്വരയെ നമ്മൾ യോശുവാഴ പുസ്തകത്തിൽ നിന്ന് വായിച്ച ആഘോർത്താഴ്വരയിൽ ദൈവം പ്രത്യാശയുടെ വാതിൽ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ യശിയാവിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു മനോഹരമായ വചനം ആഘോർ താഴ്വരയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുക ഏഷയാവ് അറുപത്തഞ്ചിൻ്റെ പത്ത് എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ഷാരോൻ ഒരു താഴ്വരയാണ് ഷാരോൻ പനിനീർ പുഷ്പം ഇന്ന് ചില സഭകൾക്ക് ഷാരോൻ എന്ന് പേരിടുന്നു ഷാരോൻ എല്ലാവർക്കും താല്പര്യമുള്ളൊരു താഴ്വരയും ഒക്കെയായ സ്ഥലമാണ് ഷാരോൻ ഷാരോൻ എന്താ ആടുകൾക്ക് മേച്ചിൽപ്പുറം കണ്ടോ കണ്ടോ അതിനോട് തൊട്ട് ചേർന്ന് പറയുന്നു ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമായിരിക്കും ശാരവൻ ആടുകൾക്ക് മേച്ചിൽപ്പുറമായിരിക്കുമ്പോൾ ആഘോ താഴ്വരയിൽ ആഘോർ താഴ്വരയെ ദൈവം കൈവിട്ടില്ല ആഘോർ താഴ്വരയെ ദൈവം എന്ത് ചെയ്തു കന്നുകാലികൾക്ക് കിടപ്പിടവുമായിരിക്കും ഈ ആഘോ താഴ്വരയ്ക്ക് ആ നിലയിൽ ഓ ഞാൻ കന്നുകാലികൾക്ക് കിടപ്പിടം ആയിക്കൊള്ളാം എന്ന് പറയാനുള്ള വല്ല അർഹതയുണ്ടോ ഇല്ല ഇല്ല ഇല്ല ഒരിക്കൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകൻ വന്നിട്ട് അവന് ദാഹജലം കൊടുക്കാതെ വിട്ട താഴ്വരയാ നീ ആ താഴ്വരയെ ദൈവം പക്ഷേ കൈവിട്ട് കളഞ്ഞില്ല ദൈവം എന്താ പറയുന്നു അവിടെത്തന്നെ ദൈവത്തെ ഷാരോനിൽ ആടുകളെ കിടത്തുന്നു ഓക്കെ അതിൻ്റെ തെറ്റൊന്നുമില്ല പക്ഷേ ആ കോർ താഴ്വരയ്ക്ക് പറയാനുള്ളത് ആഘോർ താഴ്വരയ്ക്ക് ഒരു മഹത്വവും പറയാനില്ല പക്ഷെ അവിടെ തന്നെ ആഘോർ താഴ്വരയിൽ തന്നെ പ്രത്യാശയുടെ വാതിൽ തുറന്നുകൊടുക്കുന്ന ദൈവം ഇത് ആഘോർ താഴ്വരയിൽ തന്നെ തൻ്റെ കന്നുകാലികൾക്ക് കിടപ്പിടം അവ പുല്ല് തിന്നുന്നു വെള്ളം കുടിക്കുന്നു തണലത്ത് കിടന്ന് അയവിറക്കി അങ്ങനെ കിടക്കാനുള്ള സ്വസ്ഥതയുള്ള ഒരു സ്ഥലമായിട്ട് ദൈവം ഏതിനെ പ്രഖ്യാപിക്കുന്നു ആഘോത്താഴ്വരയെ പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മളെന്താ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യോശുവയുടെ കാലത്തെ ആഖാനെപ്പോലെയും അല്ലെങ്കിൽ ആഹാബിൻ്റെ കാലത്ത് ഏലിയാവ് ചെന്നിട്ട് വെള്ളം കിട്ടാതിരുന്ന ആ കെരീയത്തിനെ പോലെയും ഒക്കെ തന്നെ ആയിപ്പോയി പരാജയമായിപ്പോയി നമുക്കൊരു പ്ലസ് പോയിൻറ്റും പറയാനില്ല പക്ഷേ ദൈവം കരുണാമയനായ ദൈവം കൈവിട്ടില്ല ഹോഷിയായിലൂടെ ദൈവം അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച സന്ദേശം ഇതാ എന്താണ് സന്ദേശം ഞാൻ വിശുദ്ധി ആഗ്രഹിക്കുന്നു ഞാൻ ഒരു രീതിയിലും ഒരു പരസംഗം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്നെ വിട്ട് മാറാൻ നിങ്ങളോട് നിങ്ങൾക്ക് അനുമതിയില്ല പൂർണ്ണ വിശുദ്ധി അത് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പക്ഷേ നിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അശുദ്ധി വന്നു പോയിട്ടുണ്ടെങ്കിൽ വിശ്വസ്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിന്നെ തള്ളിക്കളയാതെ നിന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ നിന്റെ പരാജയത്തിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കും നീ വെള്ളം കൊടുക്കാതിരുന്ന അതേ സ്ഥലത്ത് ആടുകളെ കന്നുകാലികളെ കൊണ്ടുവന്ന് അവ അവ ദാഹം തീർക്കുന്നവരെ ധാരാളമായിട്ട് കുടിച്ച് വിശ്രമിക്കുന്ന സ്ഥലമാക്കി തീർക്കും എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ഒരു സ്ഥലമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രത്യാശ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇതാ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലാണ് ദൈവം എന്ത് തരുന്നത് പ്രത്യാശയുടെ താഴ്വര തുറക്കുന്നത് പ്രത്യാശയുടെ വാതിൽ തുറക്കുന്നത് അപ്പോൾ പ്രത്യാശയ്ക്ക് എന്തോ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങളോടൊരു സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രത്യാശ എന്ന് വെച്ചാൽ ഹിന്ദുവ് ഒത്തിരി നാൾ കൊണ്ട് നമ്മൾ പ്രത്യാശ പ്രത്യാശ എന്നെല്ലാം പറഞ്ഞു ഹിന്ദുവ സൗര ഈ പ്രത്യാശ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകും ഇല്ലേ സ്നേഹം നമുക്ക് മനസ്സിലാകും വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു ഉടനെ ഓർമ്മ ഒരു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഏ ആശിക്കുന്നതിൻ്റെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്തു ഈ പ്രത്യാശ നമുക്കീ മലയാളത്തിൽ ചില വാക്ക് പ്രത്യാശ പ്രത്യാശ ആ എന്തുവാ അപ്പോൾ നമുക്ക് ഈ മലയാളത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ ഉടനെ പറയും നമുക്ക് ഉടനെ ഇംഗ്ലീഷ് എടുത്ത് നോക്കാം ഇംഗ്ലീഷ് എടുത്ത് നോക്കുമ്പോൾ എന്തോ അവിടെ കാണുന്നത് ഈ പ്രത്യാശയ്ക്ക് ഇംഗ്ലീഷുകാരെന്തുവാ പറഞ്ഞേക്കുന്നത് ഹോപ്പ് എന്നൊരു പദമാവുള്ളൂ ഹോപ്പ് ഹോപ്പ് എന്ന് വെച്ചാൽ പ്രത്യാശ നന്നു ഹോപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ പ്രതീക്ഷ വെറും ഒരു പ്രതീക്ഷയാണോ ഈ അപ്പോൾ ഇംഗ്ലീഷിലെ ആ പദവും ഇതിനെ പ്രതിനിധാനം ചെയ്യാൻ പോരാ അത്ര ശക്തമായ പദമല്ല ഒരു ചെറിയ ദുർബലമായ പദമാണ് പ്രതീക്ഷ ആർക്കാ പ്രതീക്ഷയില്ലാത്തത് കണക്കിന് പൂജ്യം കിട്ടിയതിൻ്റെയും പ്രതീക്ഷ എന്താ ഓ വലിയ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമെന്ന് അവൻ്റെയും പ്രതീക്ഷ പ്രതീക്ഷ സഫലമായോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പ്രതീക്ഷിക്കാൻ ആർക്കാ വയ്യാത്തത് അങ്ങനൊരു കേവലം പ്രതീക്ഷയാണോ ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെന്നും നിലനിൽക്കുന്നതായിട്ട് തന്നിട്ടുള്ള മൂന്ന് കാര്യം വിശ്വാസം പ്രത്യാശ സ്നേഹം അങ്ങനെയുണ്ടെങ്കിൽ ഈ പ്രത്യാശ എന്ന് പറയുന്നത് കേവലം ഒരു പ്രതീക്ഷ മാത്രമാണോ ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ അതിന് പുതിയൊരു ഡയമെൻഷൻ കിട്ടുന്നുണ്ട് അതെന്താ അതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നീരൊഴുക്കില്ലാത്തിടത്ത് കന്നുകാലികൾ ദാഹം തീർത്ത് കിടക്കാൻ ടയാകും സ്വാഭാവികമായിട്ട് നാണക്കേടിൻ്റെയും പരാജയത്തിൻ്റെയും സ്ഥലത്ത് വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയുമായ വാതിൽ തുറക്കും അപ്പോൾ സ്വാഭാവികമായി പ്രതീക്ഷയില്ലാത്തിടത്ത് പ്രതീക്ഷ നൽകുന്നതാണ് പ്രത്യാശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമുക്കതിനെ സാധൂകരിക്കാനായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് കഴിയും റോമർ കെതി ലേഖനം നാലാമധ്യായത്തിലെ വാക്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഹോപ്പ് എന്നുള്ള വാക്ക് രണ്ടിടത്ത് വരുന്നുണ്ട് നാലാമധ്യായം നാലാമധ്യായത്തിൽ അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നവന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ് ആശിക്കാനൊന്നുമില്ല ആശിക്കാനൊന്നുമില്ല ആശയ്ക്ക് വിരോധമായി ആശ അതാണ് പ്രത്യാശ ആശയ്ക്ക് വിരോധമായുള്ള ആശ എന്നുവെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ആശിക്കാൻ ഒരു സാധ്യതയും ഇല്ല അതിൻ്റെ സാധ്യതകളെല്ലാം തീർന്ന പോലെ ആയ പോലെ ഒരു രംഗം അവിടെ പിന്നെയും ഒരു വാതിൽ തുറക്കുന്നത് പോലെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് മെഡിക്കൽ സയൻസും പറഞ്ഞു ഇനിയും ഒരു രക്ഷയില്ല പലരും പറഞ്ഞു ഇനി നിനക്ക് ഒരു സാധ്യതയില്ല അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയടത്ത് തുറക്കപ്പെടുന്ന ഒരു പ്രതീക്ഷയാണ് എന്താ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക നല്ലൊരു നിർവചനമാണ് അതാണ് പ്രത്യാശ പ്രത്യാശയ്ക്ക് കേവല ഹോപ്പെന്നോ അല്ലെങ്കിൽ കേവലം ഒരു വിശ്വാസം ഉള്ളതല്ല വിശ്വാസമെന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വിശ്വാസത്തിൽ നിന്ന് ഒരു ചുവടുകൂടെ മുന്നോട്ടുള്ളതായിട്ടാണ് എനിക്ക് പലപ്പോഴും പ്രത്യാശയെ തോന്നിയിട്ടുള്ളൂ വിശ്വാസം ഓക്കെ നമുക്കറിയാം വിശ്വാസം എന്താണ് എന്നാൽ ആ വിശ്വാസവുമായിട്ട് നമ്മളങ്ങോട്ട് ചെല്ലുമ്പം അത് സാധിക്കാനൊക്കാതെ വണ്ണം ആ ആശയ്ക്ക് വിരോധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക കരിയത്ത് വറ്റിപ്പോയി ഓ ആ ഖാനയെ ഒക്കെ കല്ലെറിഞ്ഞുകൊന്നു അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നു ആ കൽക്കുന്നു അവിടെ കൂട്ടിയിരിക്കുന്നു ഇതെല്ലാമാണ് നമ്മളവിടെ കാണുന്നത് പക്ഷേ എന്നിട്ടും അവിടെ ഇതാ പ്രത്യാശയുടെ വാതിൽ അവിടെ ഒരു വാതിൽ അതാണ് പ്രത്യാശ പ്രത്യാശയെന്ന് പറഞ്ഞാൽ അതാണ് സഹോരാ സഹോരി പ്രത്യാശ വിശ്വാസത്തിൽ നിന്ന് ഒരു ചൂടുകൂടെ മുന്നോട്ടാണ് എന്ന് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഈ പ്രത്യാശ എന്ന് പറയുന്നതും പലപ്പോഴും കാണാത്തതാണ് നമ്മൾ റോമർ കൃതിയിലേനും എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാത്തതാണ് പ്രത്യാശ എന്ന് പറയുന്നു വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന പോലെ വിശ്വാസം കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ് പ്രത്യാശയും എന്താണ് റോമർ എട്ടിൻ്റെ ഇരുപത്തി 24–25 വാക്യങ്ങളിൽ കാണാത്തതാണ് പ്രത്യാശയം എന്ന് പറയുന്നു അപ്പോൾ കാണാത്തതാണ് പക്ഷെ വിശ്വാസവും കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണല്ലോ പക്ഷേ ഇവിടെ കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസം പോലെ മാത്രമല്ല കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പല്ല കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പായ വിശ്വാസവുമായിട്ട് പോകുമ്പം പിന്നെയും അതിൻ്റെ മുമ്പിൽ വന്ന തടസ്സം ആ തടസ്സത്തെയും മറികടന്ന് ഒരു ചുവടുകൂടെ മുന്നോട്ട് വെക്കുന്നതാണ് പ്രത്യാശ ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ നോക്കുക അവിടെ ഒന്നും സ്വാഭാവികമായിട്ടൊരു പ്രതീക്ഷ അങ്ങനെ വെച്ച് പുലർത്താൻ ഒക്കുന്ന സ്ഥലങ്ങളല്ല നമ്മൾ പറയാറുണ്ടല്ലോ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് നമുക്കറിയാം അതെവിടെ പറഞ്ഞേക്കുന്നത് ഒന്ന് തെസ്ലോനിക്കാർ നാലാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എന്താണ് മരണാനന്തരം കർത്താവ് വരുന്നതും നമ്മുടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതും ഒക്കെയായ കാര്യങ്ങളെക്കുറിച്ച് പറയുക ഒന്ന് തസ്ലോനിക്കുക നാലാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് സൗ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് ആളുകളുടെയൊക്കെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് ഒരു മരണം നടക്കുമ്പോഴാണ് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അനാഥയായ അമ്മയും പറക്കമുറ്റാത്ത എട്ട് കുഞ്ഞുങ്ങളും കൂടെ ആ ഡെഡ് ബോഡിക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല തീർന്നു ഇതാണ് ലോകം പക്ഷെ സഹോദര സഹോദരി എനിക്കും നിനക്കും എന്തുണ്ട് അങ്ങനെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷയെ അസ്തമിച്ചു ഒരളവിൽ പക്ഷേ ഈ ആശയ്ക്ക് വിരോധമായിട്ട് നമുക്കൊരാശയമുണ്ട് എന്താ ഓ കാഹളം ധനിക്കും മരിച്ചൊരക്ഷരായിട്ട് ഉയർക്കും അന്ന് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവനെന്ത് ചെയ്യും അവൻ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർക്കും ഞങ്ങളും അവനെ അന്ന് കാണും ഞങ്ങളും കർത്താവിനോടൊപ്പം അവിടെ ആയിരിക്കും ഇതാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ മാത്രമേ ഇങ്ങനെ ഒരു പ്രത്യാശയുള്ളൂ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യാശയില്ല മരണത്തിന് മുമ്പിലാണ് എല്ലാ ആശകളും അസ്തമിക്കുന്ന സ്ഥലം ഇവിടെ ഇതാ എല്ലാ ആശകളും അസ്തമിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് പ്രത്യാശയാണ് പ്രത്യാശയാണ് നമുക്കവിടെ ഒരു പ്രത്യാശയുണ്ട് പക്ഷെ ആ പ്രത്യാശയൊന്ന് അടുത്ത് നിന്ന് നോക്കാം നമുക്ക് വല്ലതും ഇങ്ങനെ നടക്കുമെന്ന് വല്ലതും പ്രതീക്ഷിക്കാനുണ്ടോ ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ പറയുമല്ലോ കർത്താവ് വരും ഉടനെ എന്തോ ചെയ്യും ജീവനോടെ ശേഷിക്കുന്ന നാം പറന്ന് മേളിലോട്ട് പോയി എങ്ങനെ അങ്ങനെ ഒക്കും സുഹൃത്തെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് എന്താ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്കെല്ലാത്തിനെയും ആകർഷിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് ഒരു ഒന്നിനെന്ത് ചെയ്യാൻ പാടില്ല ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ മറികടന്ന് മേളിലോട്ട് പോകാൻ ഒക്കുകയില്ല അപ്പം ഞാൻ എൻ്റെ അജ്ഞതയെ ചോദിച്ചു അപ്പോൾ റോക്കറ്റോ റോക്കറ്റ് അതിൻ്റെ അകത്തൊരു ആന്തരിക ശക്തിയുണ്ട് നിങ്ങൾ പറയുന്നു കർത്താവ് വർഷം എത്രയോ നാൾ കഴിയുമ്പോൾ വരും ഉടനെ നിങ്ങളെല്ലാം ചിറക് വെച്ച് പറന്നുപോകും പക്ഷേ നമുക്കറിയാവുന്ന ശാസ്ത്രമനുസരിച്ച് അങ്ങനെ മേളിലോട്ട് പോകാൻ ഒക്കുകയില്ല ഈ ഭൂമി അതിൻ്റെ ഗുരുത്വാകർഷണം കൊണ്ട് അതിനെ കീഴോട്ട് വലിക്കും ശരിയല്ലേ ശരിയല്ലേ ഭൂമിക്ക് ഗുരുതരവും ഇല്ലേ അതുകൊണ്ടല്ലേ ഒരു സാധനം താഴോട്ടിട്ട് അത് താഴോട്ട് പോകുന്നത് ഈ താഴോട്ടെല്ലാം വീണുകൊണ്ടിരിക്കുമ്പോൾ താഴോന്ന് മേളിലോട്ട് പോകുമെന്ന് നമ്മൾ പറയുന്നതിന് വല്ല കാര്യമുണ്ടോ സത്യത്തെ ഇതിൻ്റെ മുമ്പേ നമ്മുടെ പ്രതീക്ഷയെല്ലാം തീർന്നില്ലേ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഓ ആശയ്ക്ക് വിരോധമായിട്ട് ആശിക്കുന്നതാണ് പ്രത്യാശ പ്രത്യാശ എന്ന് പറയുന്ന ആ വാക്ക് വരുന്ന ഒരു രംഗം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിനത് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അവർക്ക് കാര്യങ്ങൾ പലതും അസ്തമിക്കുന്നിടം വരെ കാര്യങ്ങൾ അറിയുള്ളൂ അതിനെ കവിയുന്ന ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ സംശയത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെയൊക്കെ മറികടക്കുന്ന ഒരു അദമ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ റോക്കറ്റ് പോലെ കടന്നു പോകുന്നു എന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല അതാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യാശ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കേണ്ട കാര്യമില്ല കാര്യമില്ല പ്രിയ സഹോര സഹോരി ഞാൻ കാര്യങ്ങളെ നീട്ടുന്നില്ല നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസത്തിൽ നിന്ന് ഒരു ചൂട് ഇവിടെ മുന്നോട്ട് വെച്ച് ഓ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ സാധിക്കാനായിട്ടാണ് നമ്മൾ പോകുക പക്ഷെ അപ്പോഴും അവിടെയും ആശ കണ്ടാൽ അതിനും അപ്പുറത്തേക്ക് ചെല്ലാവുന്ന ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് അപ്പോഴും കാണുന്നില്ല കാണാത്ത കാര്യങ്ങളാണ് റോമറെട്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാണാത്തതാണ് എങ്കിലും അങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു പ്രത്യാശയുടെ ദൈവം നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ തന്നിരിക്കുന്നു അത് മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദര നമുക്ക് ഒരു മുപ്പത് വയസ്സ് വരെ ഈ പ്രത്യാശയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് അങ്ങ് വിട്ടുകളയാം എന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ പ്രത്യാശയെക്കുറിച്ചുള്ള ആ പ്രതീക്ഷ ആശയ്ക്ക് വിരോധമായുള്ള ആശ നമ്മൾ പിടിച്ചുകൊള്ളുക പിടിച്ചുകൊള്ളുക അത് നിലനിൽക്കും നിലനിൽക്കും ഞാനൊരു വാക്യം കൂടെ വായിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഈ പ്രത്യാശയുള്ളവർ ഈ പ്രത്യാശ അതിൽ തന്നെ ഒരു എൻ്റെ അല്ല അതിൽ തന്നെ ഒരു അവസാനമല്ല ആ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ ആ പ്രത്യാശ നമുക്ക് ചില ഉത്തരവാദിത്വം തരുന്നുണ്ട് ശരിക്കുള്ള പ്രത്യാശയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ചില തെളിവ് തരുന്നുണ്ട് അതെല്ലാം കഴിയുന്ന ഒരു വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഒന്നിയോഹനാൻ മൂന്നാമധ്യായം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു കണ്ടോ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം രണ്ടാമത്തെ വാക്യം ആകയാൽ ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് കർത്താവ് വരും കർത്താവ് വരുമ്പോൾ നമ്മൾ അവനോട് സദൃശ്യന്മാർ ആകും കർത്താവിനെപ്പോലെ ആകും എന്ന് അതൊരു വലിയ പ്രത്യാശയ കർത്താവ് വീണ്ടും വരും ജീവനുള്ള പ്രത്യാശ എന്നാണ് പത്രോസ് അതിനെ വിളിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ജീവനുള്ള പ്രത്യാശ എന്നാണ് പറയുന്നത് തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ടിൽ അതിനെ ഭാഗ്യകരമായ പ്രത്യാശയെന്നാണ് വിളിക്കുന്നത് ഏ ഒന്ന് കോരിന്താർ പതിനഞ്ചിൻ്റെ പത്തൊമ്പത് പൗലോസ് പറയുന്നു നിങ്ങൾ ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചാൽ പോരാ വരാനൊരു കാര്യങ്ങളുണ്ട് എബ്രാഹി ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നു അവസാനത്തോളമുള്ള ഒരു പ്രത്യാശയെക്കുറിച്ച് പറയുന്നു ആ നോക്കുക പ്രത്യാശയുടെ ഒരു നങ്കൂരത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്ന ഈ കാര്യം കർത്താവിൻ്റെ വരവിനോട് ചേർത്തും ഓ നമ്മുടെ പുനരുദ്ധാനത്തോട് ചേർത്തുമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യാശയെക്കുറിച്ച് ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ രണ്ട് പറയുമ്പോൾ അതിൻ്റെ തൊട്ടു താഴത്തെ വാക്യം നമ്മളോട് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ടുവന്ന് നമ്മിൽ കൊണ്ടുവന്ന് വയ്ക്കുക അവനിൽ ഈ പ്രത്യാശയുള്ളവൻ ഏത് പ്രത്യാശ അവൻ ഒരിക്കൽ വരുമെന്നും നമ്മൾ അവനോട് സദൃശ്യന്മാരാകുമെന്നും കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് കർത്താവ് വരും നമ്മൾ അവനോട് സദൃശ്യന്മാരാകും ഈ പ്രത്യാശ ഇത് ലോകത്തിന് മനസ്സിലാവുകയില്ല ഇത് ആശയ്ക്ക് വിരോധമായ ആശയാണ് സ്വാഭാവികമായിട്ട് സയൻസിന് ഇതിനെ വിശദീകരിക്കാൻ ഒക്കെയല്ല അങ്ങനെയുള്ള പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു പ്രതീക്ഷയാണിത് ഇങ്ങനെയുള്ള പ്രത്യാശ ഇത് ദൈവം നമുക്ക് തന്നു ദാനമായിട്ട് തന്നു പ്രൈസലോട്ട് പക്ഷേ അവിടെ കൊണ്ട് കാര്യം അവസാനിച്ചില്ല ഈ പ്രത്യാശയുള്ളവനെന്താ വേണം ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലിനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു ഇത് നമുക്കൊരു ഉത്തരവാദിത്വം തരുന്നു എന്ന് തന്നല്ല നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ എനിക്ക് വലിയ പ്രത്യാശയുണ്ട് ബ്രദറെ എങ്ങനെ ഇരിക്കുന്നു നമ്മളൊരാളെ കാണുമ്പോൾ ചോദിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഓ നല്ല വിശ്വാസത്തെ ഇരിക്കുന്നു പ്രത്യാശ എങ്ങനെയുണ്ടോ നല്ല പ്രത്യാശയില്ല നമ്മൾ പറയുക നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരേലും ചോദിക്കുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് നല്ല പ്രത്യാശയാണ് ആട്ടെ ഇത് കഴിഞ്ഞേച്ച് നമ്മൾ തന്നെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളോട് തന്നെ ശരിക്കും ഈ പറയുന്ന പോലെ പ്രത്യാശയുണ്ടോ അതോ ഞാനൊരു ഭംഗിവാക്ക് അങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് ശരിക്കും ഈ പ്രത്യാശ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാം അറിയാനുള്ള ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയും യെസ് എനിക്ക് ഈ പ്രത്യാശ ഉണ്ട് അതുമാത്രമാണ് കാണാവുന്ന ഒരു തെളിവ് ആ തെളിവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ പാട്ട് പാടുമ്പോഴോ ഒരാളോട് സംസാരിക്കുമ്പോഴോ പ്രത്യാശയുണ്ട് ഉണ്ട് ബ്രദറെ പ്രത്യാശയിലല്ലേ പ്രത്യാശയിലല്ലേ ഞാൻ നിൽക്കുന്നത് ഏ ഓ പണ്ട കേട്ടിട്ടുണ്ടോ ഒരു ഒരു ഒരു പരസ്യയോഗത്തിന് ഒരാൾ പ്രസംഗിക്കാൻ തുടങ്ങി ഞാൻ ദൈവത്തിൻ്റെ പ്രത്യാശയിൽ നിൽക്കുന്നു ഉടനെ അടുത്ത കടക്കാരൻ പറഞ്ഞു നീ പ്രത്യാശയിൽ ഒന്നും അല്ല നിൽക്കുന്ന എൻ്റെ എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പിന്റെ മണ്ടക്കാണ് നിൽക്കുന്നത് അതിൻ്റെ പൈസ ഇതേ വരെ ഒട്ട് വന്നിട്ടുമില്ല ചിലപ്പോൾ നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും ഞാൻ പ്രത്യാശയിലാണ് നിൽക്കുന്നത് ശരി സവര നിൽക്കുന്നത് നീ അതേലാണോ നിൽക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്നത് ഏതിലാ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നുണ്ടെങ്കിൽ ഓക്കേ പ്രത്യാശയിലാണ് നിൽക്കുന്നത് അപ്പൊ പ്രത്യാശ എന്ന് പറയുന്ന ഒരു നമുക്ക് തൊടാനോ പിടിക്കാനോ മനസ്സിലാക്കാനോ ഒക്കാത്ത എന്തോ ഒരു കാര്യമായിട്ടല്ല ഇതിനെ കാണേണ്ടത് അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കും അങ്ങനെ അതിനൊരു തെളിവ് തരാനായിട്ടൊക്കും പ്രത്യാശ നമുക്കൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട് ഇതാണ് ഒന്ന് യോഹ ഞാൻ മൂന്നാമധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളുടെ പറയുന്ന നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളെ ഓർക്കുകയും ചെയ്യാം